പക്ഷേ സത്വത്തിനെ സഹായമായി സ്വീകരിച്ചാൽ സത്വാത്ത് സഞ്ചായത്തെ ജ്ഞാനം ഭഗവാൻ എന്നി പറയാൻ പോകുന്നു ഇനിയിപ്പോൾ രജോ ഗുണവും തമോ ഗുണത്തിൻ്റെയും സ്വഭാവം എന്താണ് എന്ന് നോക്കാം അടുത്ത ശ്ലോകം രജോ രാഗാത്മകം വിദ്ധീ തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധനാതികൗന്യാ कर्मसंगे नाहन रजहांजना रागहािड़ा रागम तरह रजो रागात्मक विदि रजोगुम आसक्त स्वरूप आई तृष्णासंग सव അപ്രാപ്താഭിലാഷ തൃഷ്ണ എനിക്ക് ഇനി അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് രജോഗുണം ഉണ്ടാകുന്നത് ലോകത്തിൽ മുഴുവൻ നോക്കുകയാണെങ്കിൽ രജോഗുണമാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്വഗുണമൊന്നും ചെയ്യില്ല സത്വം അകമയ്ക്ക് ശാന്തിയും സുഖവും ആനന്ദവും ഉണ്ടാക്കുമ്പോൾ രജോഗുണം പ്രവൃത്തികളെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് തന്നിരിക്കും രജോരാഗാത്മകം വിദ്യ അംബിഷൻ ഏത് ഇൻഡസ്ട്രിയിലും ഫാക്ടറിയിലും ഒക്കെ പോയാൽ അവരൊരു ടാർജറ്റ് വെക്കും ആദ്യം എന്നിട്ട് ആ ടാർജറ്റ് ഈ ജോലിക്കാര് നേടിയെടുത്താൽ അതിനേക്കാളും കൂടുതൽ ടാർജറ്റ് വയ്ക്കും ഒരു ഒരു വശത്തൊരു ടാർജറ്റും ഈ വശത്ത് അതിനനുസരിച്ച് ഇൻക്രി ഇൻക്രിമെന്റും വെക്കും കൂടുതൽ പണം തരാം ഇത് സാധിച്ചാൽ അപ്പൊ എന്താവും ഇവര് രാവും പകലും അതിനുവേണ്ടി പണിയെടുക്കും തൃഷ്ണാസംഗ സമുഭവം ഗീതയൊക്കെ പഠിച്ചിട്ടേ ആണ് ഇപ്പൊക്ക് മാനേജ്മെന്റ് സ്കൂൾസൊക്കെ നടത്തുന്നത് വെറുതെ അല്ല ഞങ്ങളെ പോലെയുള്ള സാമിയാർമാർക്കൊക്കെ എന്താ പണി അവിടെ ചെന്നിട്ട് ഗീത പഠിപ്പിച്ച് ബിസിനസ് മാനേജ്മെന്റ് ആളുകൾക്ക് ഗീതയുടെ ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം എങ്ങനെ കൂടുതൽ ഇതൊക്കെ നേടിയെടുക്കാം എന്ന് പറഞ്ഞ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണുണ്ട് അതെന്താന്ന് വെച്ചാൽ പഴയ കാലത്ത് വേദാന്തം ലോകത്തിനെ ജ്ഞാനത്തിൽ ഭസ്മമാക്കുന്നതാണ് വേദാന്തം ഇപ്പോ ജ്ഞാനത്തിനെ ലോകത്തിൽ കൊണ്ട് കലകിക്കളയുന്നതാണ് വേദാന്തം രണ്ടും കണ്ടാൽ ഒരേപോലെ ഉണ്ടാവും രണ്ടും പറയണത് ഗീത തന്നെയാണ് രണ്ടും പറയണത് വേദാന്തം തന്നെയാണ് പക്ഷെ ഒന്ന് വേദാന്തത്തിനെ ലോകത്തിൽ കലക്കുമ്പോൾ മറ്റേത് ലോകത്തിനെ വേദാന്തത്തിൽ കൊണ്ടുവന്നു ഇല്ലാതാക്കലാണ് രണ്ടിനും ഒരുപാട് വ്യത്യാസങ്ങൾ ഒന്ന് ഹിരണ്യകശുവിനെയും ഹിരണ്യാക്ഷനെയും കംസനെയും ഒക്കെ ഉണ്ടാക്കുമ്പോ മറ്റേത് ശങ്കരനെയും വ്യാസനെയും രാമകൃഷ്ണനെയും രമണ മഹർഷിയും ഒക്കെ ഉണ്ടാക്കും വേദാന്തികളാണ് ഹിരണ്യകശുവും ഹിരണ്യാക്ഷനും ഒക്കെ ഭാഗവതത്തിലൊക്കെ നോക്കിയാൽ ഭംഗിയായിട്ട് വേദാന്തം പറയും പക്ഷെ എന്താ അതിനെയൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കുകയാണ് തപസ് അവരും ഒക്കെ ചെയ്തവരാണ് അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് രജോഗുണം അവരുടെ ഉള്ളിൽ കിടക്കുന്നു വാസന കിടക്കുന്നു ഇനിയും നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം കിടക്കുന്നു ആ ആഗ്രഹം കൊണ്ട് എന്തും പിടിച്ചടക്കാനുള്ള വാഞ്ച ഉള്ളിലുണ്ടാവും കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള വാഞ്ച ഉള്ളിലുണ്ടാവും എല്ലാത്തിനെയും നമ്മളുടെ ചുവട്ടിൽ വയ്ക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും തൃഷ്ണാസംഗ സമുദ്ഭവം തൃഷ്ണ അസ്തമിക്കുകയേ ഇല്ല ബുദ്ധൻ പന്ത്രണ്ട് വർഷം തപസ് ചെയ്തിട്ട് അവസാനം കണ്ടുപിടിച്ചത് ഇതാണ് കൃഷ്ണയാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്തൊക്കെ ചെയ്താലും തൃഷ്ണ അസ്തമിക്കില്ല ഭർതൃഹരി പറഞ്ഞു വയസ്സ് വളരെ വയസ്സായിരിക്കുന്നു ശരീരത്തിൽ നട്ടും ബോൾട്ടൊക്കെ ലൂസായി വായിൽ പല്ലൊക്കെ പോയി തലയിൽ രോമം പോയി നടക്കാൻ വയ്യാതായിരിക്കുന്നു പക്ഷെ ഒരാള് മാത്രം ചെറുപ്പമായി കൊണ്ടേയിരിക്കണമെന്നാണ് ശരീരം വാർദ്ധക്യമാവും തോറും തൃഷ്ണിക തരുണായതേന്ന് ഈ തൃഷ്ണ മാത്രം യൗവനത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണോ അത്ര ശരീരത്തിന്റെ വാർദ്ധക്യത്തിനനുസരിച്ച് ഉള്ളിലുള്ള തൃഷ്ണയൊന്നും വാർദ്ധക്യം പ്രാപിച്ചില്ല തീർണിച്ചില്ല അധികമാവുന്നു ഈ തൃഷ്ണയിൽ നിന്നുമാണ് രാ രജോ ഗുണം ഉണ്ടാവണത് ആസക്തി തൃഷ്ണ അതിൽ നിന്നും വീണ്ടും വീണ്ടും വീണ്ടും പലതും നേടിയെടുക്കാനുള്ള ആഗ്രഹം മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ആളുകളോട് ചെന്ന് ചോദിക്കുക നിങ്ങൾക്ക് സമാധാനമാണോ കിട്ടേണ്ടതൊക്കെ കിട്ടിയോ എവിടെ കിട്ടണത് ആഗ്രഹിച്ചു ഒന്നും നടന്നില്ല പലതും ആവണമെന്ന് ആഗ്രഹിച്ചു ഒന്നും നടന്നില്ല ഈ ആയിത്തീരൽ കൃഷ്ണയുടെ സ്വഭാവം എന്താണ് ആയിത്തീരലാണ് ബിക്കമിങ് അതിനെ തന്നെ സംസ്കൃതത്തിൽ ഭവം എന്ന് പറഞ്ഞു അത് തന്നെയാണ് ഭവ രോഗം എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആയിത്തീരലാണ് ആയിത്തീരാനുള്ള വ്യഗ്രതയിൽ എപ്പോഴും ഉള്ളതിനെ ശ്രദ്ധിക്കണില്ല നമ്മൾ നമുക്ക് ഉള്ളത് ഒന്ന് ഉള്ളത് ഒന്ന് ആയിത്തീരാനുള്ള മൂ്മെന്റിന്റെ രൂപത്തിൽ ഉള്ളിലുള്ള മനസ്സ് മനസ്സ് എപ്പോഴും ആയിത്തീരാനായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനു പുറകിൽ എപ്പോഴും പൂർണ്ണമായ വസ്തു കാത്തുകൊണ്ട് നിശ്ചലമായിട്ട് ഇരിക്കുകയും ചെയ്യും ഈ ആയിത്തീരാൻ വ്യാകുലപ്പെടുന്ന മനസ്സ് ഭവിക്കൽ അതായിത്തീരണം ഇതായിത്തീരണം ഇപ്പോൾ ഭഗവത്ഗീത കേട്ടാൽ അതും ഒരു എനിക്ക് നാളെ ജ്ഞാനിയാവണം സാക്ഷാത്കാരം നേടണം അവിടെയാണ് വേദാന്തം പറയണത് നിങ്ങൾക്ക് നേടാൻ പറ്റില്ല ഉത്പാദ്യമല്ലാതെ ആപ്യമല്ലാതെ അത് ഉത്പാദിപ്പിക്കാനോ നേടാനോ സാധ്യമല്ല നിങ്ങൾ ശ്രവണം ചെയ്താൽ ഈ ആയിത്തീരുന്ന മനസ്സിന് പുറകിൽ നോക്കിയാൽ എപ്പോഴും ഉള്ളതാണ് സത്യം അതിവിടെ ഇപ്പുണ്ട് ഇപ്പം ഇവിടെ എന്തുണ്ടോ അതാണ് എപ്പോഴും ഉള്ളത് ഇപ്പം അതിവിടെ ഉണ്ട് ശ്രദ്ധിച്ചാൽ ആ സത്തിൽ ശ്രദ്ധ പോയാൽ ആയിത്തീരാനൊന്നുമില്ല ഈ ആയിത്തീരുന്ന മനസ്സിൽ പെട്ടിട്ടാണ് എത്രയോ ജന്മജന്മങ്ങളായി ഇങ്ങനെ ബിക്കമിങ്ങിൽ പെട്ടുകൊണ്ടിരിക്കണത് ഇതാവണം അതാവണം അതാവണം ഇതാവണം ചെറിയ കുട്ടികളായിരിക്കുമ്പോ തന്നെ നമ്മൾ കുട്ടിയോട് എന്ത് ചോദിക്കും എനിക്ക് എന്താ ആവേണ്ടത് എന്ന് ചോദിക്കും അല്ലേ എന്താ ആവേണ്ടത് കുട്ടി പറയും എനിക്ക് ലോറി ഡ്രൈവർ ആവണം എന്ന് പറയും അയ്യേ പിന്നെ പതുക്കെ പതുക്കെ കുട്ടി പറയും എനിക്ക് പോലീസ് ആവണം അത് അപ്പൊ എന്തെന്ത് മുമ്പിൽ കാണുന്നു അതൊക്കെ ആവണം എന്ന് പറയും ഈ ആയിത്തീരാൻ പഠിക്കുകയാണ് കുട്ടിയെ പതുക്കെ പതുക്കെ പിന്നെ സമൂഹത്തിലൊക്കെ കടക്കുമ്പോൾ അത് മനസ്സിലാവും അതൊന്നും പോരാ ഏറ്റവും പണം കിട്ടുന്ന ജോലി എന്താണോ അതാവണം അതാവണം ആവണം ആവണം ആയിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നെ ആയതിനോടൊക്കെ ദാതാത്മ്യവും ഒന്നായിക്കഴിഞ്ഞാൽ ആ ആയതിനെ എന്റെ ഒരു സ്വഭാവമാണ് ഞാൻ അതാണെന്ന് ധരിച്ച് അതിന്റെ ഒരു ഫയൽ മടക്കിയിട്ട് ഉള്ളിൽ വെക്കും കല്യാണം കഴിക്കാത്ത ആള് കല്യാണം കഴിക്കണം എന്ന് തീരുമാനിച്ച് കല്യാണം കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞവരാണ് എന്ന് അഭിമാനിച്ചിട്ട് ആ അഭിമാനത്തിൻ്റെ ഒരു ഫിലിം ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ വെച്ചു പിന്നെ എനിക്ക് കുഞ്ഞുണ്ടാവണം ഞാനൊരു അച്ഛനാവണം അച്ഛനായാൽ അച്ഛനായി എന്നുള്ളൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ മടക്കി വെക്കും ഇങ്ങനെ എത്രയോ മടക്കി വെച്ച് മടക്കി വെച്ച് ഇതിനാണ് വേദാന്തം അധ്യാസം എന്ന് പറയുന്നത് എത്രയോ ഫയലുകളുണ്ട് ഉള്ളില് ഇത് ഞാൻ അതാണ് ഞാൻ ഇതാണ് ഞാൻ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അതിനനുസരിച്ചാണ് നമ്മൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് ഈ ആയിത്തിരൽ ഒരു മഹാരോഗമാണ് അത് എവിടെ വരുന്നു തൃഷ്ണയിൽ നിന്നാണ് ആഗ്രഹത്തിൽ നിന്നാണ് ആഗ്രഹവും ആയിത്തീരലും ഒന്നിച്ചാണ് ഇരിക്കുന്നത് എനിക്ക് ആവണം അതിന് ഞാൻ നേടണം എന്തോ ഒരു വേണ്ടിയാണ് ഈ മനസ്സും ചലിക്കണത് മനസ്സിനും എന്തോ ഒന്നിനെ തെരഞ്ഞുകൊണ്ടുള്ള ഒരു മൂവ്മെന്റിന്റെ പേരാണ് മനസ്സ് അത് അകമേ നിന്നും ആയിത്തീർന്ന് ആയിത്തീർന്നു നോക്കുകയാണ് പലതും ആയി നോക്കണു ആയി കഴിയുമ്പോൾ അതിലുള്ള മോഹം പോയി അതുകൊണ്ടാണ് വേദാന്തം മരുമരീചിക എന്ന് പറഞ്ഞത് വെള്ളമുണ്ടെന്ന് ധരിച്ച് അവിടെ ഓടുമ്പോ വെള്ളമില്ല അതേപോലെ ആയിത്തീരണമെന്ന് ധരിച്ചു പലതുമായി അവസാനം ഏറ്റവും ഉയർന്ന പദവിയിലിരുന്ന് കഴിയുമ്പോൾ മനസ്സിലായി ഇവിടെയും ഞാൻ കുടിക്കണമെന്ന് വിചാരിച്ച വെള്ളമൊന്നുമില്ല ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച ചക്രവർത്തിമാരായ അലക്സാണ്ടർ പോലെയുള്ളവർക്കും അവസാനമാവുമ്പോൾ ഒരു സമാധാനവും ഇല്ല കാരണം താൻ ആയിത്തീർന്നാൽ ഇന്നലൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച സുഖമൊന്നും ആയിത്തീർന്നിട്ടുണ്ടായില്ല ചക്രവർത്തി ആയിട്ടും സുഖമൊന്നുമില്ല മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹം പറഞ്ഞു അത്രേ എന്റെ കൈ രണ്ടും വിരിച്ചു വെച്ച് കൊണ്ടുപോകണം ലോകം വെട്ടിപ്പിടിക്കാൻ പുറപ്പെട്ട അലക്സാണ്ടർ കയ്യിലൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് എല്ലാവരും അറിയണം ഒന്നും നേടിയിട്ടില്ല എന്നറിയണം ശൂന്യഹസ്തനാണ് ഭാഗവതത്തിൽ മുജുകുന്ദ ചക്രവർത്തി ഭഗവാനോട് പറയുന്നു ഭഗവാനെ എന്റെ ജീവിതം വ്യർത്ഥമായിട്ട് പോയി എന്നാണ് മമ നിഷ്ഫലോഗ എന്ന് പറയുന്നു നിഷ്ഫലോഗത എന്റെ ആയുസ് നിഷ്ഫലമായിട്ട് പോയി സാമന്ത രാജാക്കന്മാരാൽ വന്തി അഭിവന്ധിതനായി ചക്രവർത്തിയായി ഇക്ഷഘുവംശ ചക്രവർത്തിയായി ഞാൻ ജീവിച്ചിട്ടും എനിക്ക് സംതൃപ്തിയില്ല വേണ്ടത് കിട്ടിയില്ല യോഗസാധനകളൊക്കെ ചെയ്തു നോക്കിയിട്ടും എനിക്ക് വേണ്ടത് കിട്ടിയില്ല അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് തത്തോപദേശം ചെയ്യണം സത്വരജസ്തമോ ഗുണങ്ങളുടെ ബന്ധത്തിൽ നിന്നും എന്നെ പുറത്ത് ചാടിക്കണം തസ്മാത് വിസൃജ്യാശിഷ ഈശസർവത രജസ്തമസത്വഗുണാനുബന്ധനാഹ നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം മുച്ചുകുന്ത ചക്രവർത്തിയുടെ പ്രാർത്ഥനയാണ് ഭഗവാനെ അതുകൊണ്ട് വിസൃജ്യ ആശിഷ ഈശ സർവത എല്ലാ ആഗ്രഹങ്ങളെയും കൃഷ്ണയും ഞാനിതാ ഉപേക്ഷിക്കുന്നു എന്തെങ്കിലും ആഗ്രഹിച്ചു പോയാൽ എന്തെങ്കിലും ആശപ്പെട്ടു പോയാൽ ആ ആശ എന്നെ സത്വഗുണത്തിനോടോ രജോ ഗുണത്തിനോടോ തമോ ഗുണത്തിനോടോ ബന്ധിപ്പിക്കും അതുകൊണ്ട് രജസ്തമസത്വഗുണാനുബന്ധനാഹ ആശിഷർ വിസൃജ്യ ത്വാം വൃണേ ഞാൻ അങ്ങേ വരിക്കുന്നു അന്ന് ആരാണ് നിരഞ്ജനം ഒരു കളങ്ക വേശാത്തവനും നിർഗുണം സത്വരജസ്തമോ ഗുണങ്ങളിലെ സമ്പർക്കമില്ലാത്തവനും നിരഞ്ജനം നിർഗുണം അദ്വയം രണ്ടില്ലാത്തവനും ജ്ഞപ്തി മാത്രം കേവല പ്രജ്ഞ മാത്രം അറിവ് മാത്രം ജ്ഞാനം മാത്രം സ്വരൂപമായിട്ടുള്ളവനുമായ പുരുഷം രജാമ്യഹം ആ പരമപുരുഷനായ അങ്ങയെ ഞാൻ വരിക്കുന്നു അപ്പൊ സത്വരജസ്തമോ ഗുണങ്ങൾ ആഗ്രഹവുമായി ബന്ധിച്ചു കിടക്കുകയാണ് അതാണ് ഇന്നലെ പറഞ്ഞത് കുറച്ചുനേരം ചുമ്മാ ഇരുന്ന് പഠിക്കുക ഒത്തിരി നേരം ദിവസം വളണ്ടറി ആയിട്ടൊന്നും ചെയ്യരുത് നിശ്ചലമായിരിക്കാം മനസ്സിൽ ആഗ്രഹം വരട്ടെ ആ ആഗ്രഹമൊക്കെ പ്രകൃതിയിലാണ് വരുന്നത് നമ്മളിലല്ല നമ്മൾ ആഗ്രഹിക്കാതിരുന്നാൽ മതി ആഗ്രഹം വന്നാൽ കുഴപ്പമില്ല ആഗ്രഹം പ്രകൃതിയിലാണ് ഞാനായിട്ട് വളണ്ടറി ആയിട്ടൊന്നും ചെയ്യാതെ വൊളിഷൻ ഇല്ലാതെ എത്ര ക്ഷണം ഇരിക്കാൻ കഴിഞ്ഞു അത്രയും ക്ഷണം നമ്മൾ പ്രകൃതിക്ക് പുറത്ത് ചാടും ചുമ്മായിര് അമ്മാരുളൊണ്ടും മഹാ തമിഴ്നാട്ടില് തിരുവണ്ണാമലുണ്ടായിരുന്ന ഒരു മഹാസിദ്ധനാണ് അരുണഗിരിനാഥസ്വാമി അദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രം അവസാനം മഹാരോഗം പിടിപെട്ട് രോഗമൊന്നും മാറാത്ത ഒരു സ്ഥിതി ആയപ്പോ ഏതോപൂർവ സംസ്കാരം ഉള്ളിൽ വെച്ചുകൊണ്ട് അരുണാചലേശ്വര വള്ളാളർ മഹാരാജ ഗോപുരം വലിയ ഗോപുരമാണ് ആ ഗോപുരത്തിന് മേലെ കയറിയിട്ട് മുരുക എന്ന് പറഞ്ഞിട്ട് തലകീഴായിട്ട് ചാടി വീണ് കുറച്ചു നേരത്തേക്ക് പ്രജ്ഞയില്ലാതായി പിന്നീട് അദ്ദേഹത്തിനെ മുരുകൻ ഒരു സാധുവിന്റെ രൂപത്തിൽ വന്ന് ആൾക്കൊണ്ടു വന്നാണ് പിടിച്ചെടുത്തു ഉപദേശം ചെയ്തു അത്രയും ഞാൻ എങ്ങനെ രക്ഷപ്പെടും എനിക്ക് എവിടെയാ വഴി ഞാൻ എങ്ങനെ വിമുക്തനാകുമോ എന്ന് ഇത്ര ദുരാചാരിയായിട്ടുള്ള ആൾക്ക് ഒരു പ്രായശ്ചിത്തം വേറെ ഒന്നും ഉപദേശിച്ചില്ല അരുണഗിരിനാഥസ്വാമികൾ തന്നെ പറയണു അദ്ദേഹത്തിന്റെ തന്നെ വാക്കാണ് പെമ്മാൻ മുരുകൻ പിറവാൻ ഇരവാൻ ചുമ്മായിര് അമ്മാരുളൊണ്ടും അറിലേ എനിക്ക് ഉപദേശിച്ചത് എന്താന്ന് വെച്ചാൽ ചുമ്മാര് വേറെ ഒന്നും പറഞ്ഞില്ല അത്രേ പറഞ്ഞു ചുമ്മായിര് എന്ന് പറഞ്ഞു പന്ത്രണ്ട് വർഷം ചുമ്മായിരുന്നു അദ്ദേഹം പ്രകൃതിയിൽ നിന്നുമുള്ള സംബന്ധ വിച്ഛേദം നമ്മളുടെ നാച്ചുറൽ സ്റ്റേറ്റ് ആണ് പ്രകൃതിയുമായി സംബന്ധപ്പെട്ടാൽ എല്ലാ ദൂഷ്യങ്ങളും ഉണ്ടാവും പ്രകൃതിയിൽ നിന്നും മാറി നിന്നാൽ എല്ലാ ദൈവീ സമ്പത്തുകളും ഉണ്ടാകും രോഗങ്ങൾ പോലും മാറിപ്പോകും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുള്ള ദൂഷ്യം മാത്രമല്ല മാറിയത് ശരീരത്തിലുള്ള മഹാവ്യാധിയും ആ ശരണാഗതി കൊണ്ട് മാറി ശരണാഗതി എന്ന് വെച്ചാൽ എന്താ പ്രകൃതിയെ ഭഗവാന് കൊടുക്കുക താൻ മാറി നിന്നാൽ ശരണാഗതിയായി എന്തിനെ ശരണാഗതി ചെയ്യും മനസ്സിനെ ഭഗവാന് കൊടുത്തു അപ്പൊ എന്താ മനസ്സിനെ കുറിച്ച് ഇനി ചിന്തിക്കരുത് ശരീരത്തിനെ ഭഗവാന് കൊടുത്തു ശരീരത്തിനെ കുറിച്ച് ഇനി ചിന്തിക്കരുത് എന്നെ തന്നെ ഭഗവാന് കൊടുത്തു എനിക്ക് എന്ത് വന്നാലും ഇനി ഞാൻ ചിന്തിക്കില്ല ശരണാഗതിന്റെ ലക്ഷണം അതാണല്ലോ ഭഗവാനെ ഈ ശരീരം ഈ മനസ്സ് അങ്ങയുടെ ആണ് ഞാൻ തന്നെ അങ്ങയുടെ ആണ് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറയുന്നവനാണ് ശരണാഗതനായ ഭക്തൻ ആ ശരണാഗതി ആയാൽ സൂക്ഷ്മ തലത്തിൽ പ്രകൃതിയുമായിട്ടുള്ള സംബന്ധം വിട്ടുപോകും അതിനാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത് ശരണാഗതി തന്നെയാണ് ആത്മസാക്ഷാത്കാരം ശരണാഗതി അത്ര എളുപ്പമുള്ള കാര്യമല്ല ജീവന് ബാക്കിയുള്ള എല്ലാ ഹോപ്പും പോയിക്കഴിഞ്ഞാലേ ശരണാഗതി ചെയ്യുക എന്തെങ്കിലും ഒരു ഹോപ്പ് നീ ആരെങ്കിലും രക്ഷിക്കും എവിടുന്നെങ്കിലും നമുക്ക് വഴിയുണ്ടെന്ന് തോന്നുന്നിടത്തോളം നമ്മൾ ശരണാഗതി ചെയ്യില്ല ശരണാഗതി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം എൻ്റെ അല്ലാതായിട്ട് തീരുന്നു മനസ്സും എൻ്റെതല്ലാതായിട്ട് തീരുന്നു വാ കാരണ ശരീരവും എൻ്റെതല്ലാതായിട്ട് തീരുന്നു എന്തിനു പറയണു എന്റെ അഭിമാനൂപമായി അഹങ്കാരം ഈ പേഴ്സണാലിറ്റി തന്നെ എനിക്ക് സ്വന്തമല്ല രാമകൃഷ്ണദേവൻ അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയും ഭഗവാന് ദാസനായിട്ടിരിക്കുക ഭഗവാന്റെ കയ്യിൽ യന്ത്രമായിട്ടിരിക്കാന്ന് നമുക്ക് പറയും ദാസനായി കഴിഞ്ഞാൽ എന്താ ദാസന് പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഇപ്പൊ ദാസൻ ഒരു ആൾക്ക് ചുവട്ടിൽ ജോലി ചെയ്യുമ്പോ അയാൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇന്ന് സിനിമയ്ക്ക് പോകണം തോന്നും പക്ഷെ അയാൾ പറയും ഞാൻ ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം യജമാനെ സമ്മതിച്ചാലേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് പോകണില്ല വീട്ടിലേക്ക് പോകണം തോന്നണം ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ നിവൃത്തിയില്ല യജമാനൻ സമ്മതിച്ചാലേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ എല്ലാത്തിനും അപ്പൊ എന്തായി തന്റെ ആഗ്രഹം യജമാനന്റെ ഇച്ഛയ്ക്ക് അധീനമാകുമ്പോ ആഗ്രഹത്തിനോടുള്ള എന്റെ സംബന്ധം വിട്ടുപോകുന്നു എന്നുവച്ചാൽ ആ ആഗ്രഹത്തിനെ സാധിക്കാനുള്ള എന്റെ പ്രയത്നം അവിടെ ഉണ്ടാവണില്ല സൂക്ഷ്മ തലത്തിൽ അഭിമാനരൂപമായ വൃത്തി എന്തിനോട് ചേരുന്നു അതുമാത്രമേ പ്രകൃതിയോട് നമ്മളെ സംബന്ധപ്പെടുത്തുകയുള്ളൂ ആഗ്രഹവും മറ്റും ഒക്കെ തന്നെ ഭഗവാന് ശരണാഗതി ചെയ്ത് കഴിയുമ്പോൾ എന്റേതൊന്നുമില്ലാതായാൽ ആ ജീവൻ മുക്തനാവും തൃഷ്ണയും തൃഷ്ണയും ഭഗവാന് കൊടുത്തു ശരീരവും ഭഗവാന് കൊടുത്തു മനസ്സും ഭഗവാന് കൊടുത്തു അപ്പൊ എന്താ വളരെ പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് ചാടും ഞാൻ യന്ത്രമാണ് ഭഗവാൻ യന്ത്രയാണ് ഭഗവാൻ എന്ത് ചെയ്യിപ്പിക്കണോ അതുപോലെ ചെയ്യുന്നു ഭഗവാൻ എന്ത് ചിന്തിപ്പിക്കണോ അതുപോലെ ചിന്തിക്കണം ഉറക്കം വരുത്തിയാൽ ഉറങ്ങുന്നു ഉണർത്തിയിരുന്നാൽ ഉണരുന്നു എല്ലാം പ്രകൃതിയുടെ കയ്യിലാണ് എന്റെ കയ്യിലൊന്നുമില്ല ഭഗവാന്റെ കയ്യിലെന്ന് ഭക്തിഭാവത്തിൽ പറയാം ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒക്കെ പ്രകൃതിയാണ് എന്നറിഞ്ഞാലും പുറത്തേക്ക് ചാടും അപ്പോ ഇപ്പൊ നമ്മളുടെ വിഷയം രജോഗുണമാണ് രജോഗുണം ആഗ്രഹസ്വരൂപമാണ് ആഗ്രഹവും നേടിയെടുക്കലും ആ ആഗ്രഹവും നേടിയെടുക്കാനും ഉള്ള വ്യഗ്രത ഉള്ളിൽ വരുമ്പോ നമ്മൾ അതിനോട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിൽ വീണു പോകുമ്പോ നമ്മൾക്കത് നമ്മളുടെ ഉള്ളിലുള്ള പ്രകൃതിയാണെന്നൊന്നും നമുക്കറിയില്ല അത് നമ്മളായിട്ട് മാറുകയാണ് നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരം ഹങ്കാരമായിട്ട് തീരുകയും ജീവിതം മുഴുവൻ നമ്മളെ മെനക്കെടുത്തി പ്രവർത്തിപ്പിക്കുകയും ചെയ്യും പലതും ചെയ്യും നമ്മൾ രജോഗുണത്തിന് ഉദാഹരണം പറയുമ്പോൾ വിനോദഭാവെ പറയണു വേണ്ടാത്തതൊക്കെ ചെയ്യും മനുഷ്യൻ അദ്ദേഹം ഉദാഹരണം പറയണത് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ സൃഷ്ടിക്കും രജോഗുണം അാച്ചുറൽ വാൺസ് ഇറ്റ് വിൽ ക്രിയേറ്റ് അണ്ണാച്ചുറൽ വാൺസ് നാച്ചുറൽ വാണ്ട്സ് അല്ല നാച്ചുറൽ ആയിട്ട് എന്ത് വേണം എന്തെങ്കിലും ഊണ് കഴിച്ചാൽ വേറെന്നറിയും അല്ലേ അണ്ണാച്ചുറൽ ആയിട്ട് എന്താ പാലിടപ്രഥമൻ വേണം ഫാസ്റ്റ് ഫുഡ് വേണം പുതിയ പുതിയ ആഹാരങ്ങൾ ഉണ്ടാക്കണം എന്ത് കഴിച്ചാലും വേറെന്നറിയും അത് നാച്ചുറൽ വാണ്ടാണ് രജോഗുണം പ്രബലമാവുമ്പോൾ തൃഷ്ണ പ്രബലമാവുമ്പോൾ ആഹാരത്തിന്റെ കാര്യത്തിലാണ് തൃഷ്ണയെങ്കിൽ എന്തെങ്കിലും ഒന്നും കഴിച്ചാൽ പോരാ ജിലേബി ഉണ്ടാക്കണം എത്ര നേരം അതിനുവേണ്ടി മെനക്കെടുക പ്രവർത്തിക്കുക എന്തൊക്കെ സാമഗ്രികൾ ഉണ്ടാക്കണം കൊണ്ടുവരണം എന്നിട്ടോ വായിന്ന് തൊണ്ട വേറെ പോകുമ്പോഴേക്കും അതിന്റെ കാര്യം കഴിയും എന്നിട്ട് വ്യാധി ഉണ്ടാവും പലവിധ വിഷമങ്ങൾ ഉണ്ടാക്കും കർമ്മസങ്കേന ദേഹിനം പദ്ധനാദി അതിനുവേണ്ടി പ്രവർത്തിക്കണം അതേപോലെ എന്ത് നേടിയെടുക്കണമെങ്കിൽ ഇപ്പൊ ഒരു മന്ത്രിയാവണം എന്നൊരാളാഗ്രഹിച്ചാൽ എലക്ഷനിൽ നിൽക്കണം ഒരുപാട് ആളുകളെ ഉപദ്രവിക്കണം കള്ളം പറയണം നാട് നീളം നടന്ന് പ്രസംഗിക്കണം എല്ലാമാണ് അധ്യാത്മമണ്ഡലത്തിലാണെങ്കിലും അതെ ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാവണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ പലതും കെട്ടിയിണ്ടാക്കണം പല വിധത്തിലും പ്രൊപ്പഗേഷൻ നടത്തണം പ്രചരിപ്പിക്കണം ഉള്ളതുമില്ലാത്തതുമൊക്കെ പറഞ്ഞുണ്ടാക്കണം ഒക്കെ തോന്നും രജഗുണത്തിൻ്റെ സ്വഭാവമാണ് അടുക്കണപ്പണിയിലാണെങ്കിലും അതെ നിങ്ങൾക്ക് രജോഗുണമാണ് പ്രധാനമെങ്കിൽ എന്തെങ്കിലും ഒന്നും ചെയ്താൽ പോരാ ചെയ്തുകൊണ്ടേയിരിക്കണം പല വിധത്തിലും നമ്മൾ പ്രവർത്തിക്കും അപ്പൊ രജസിന്റെ സ്വഭാവം ഇതാണ് അപ്പൊ നമ്മൾ രജോഗുണം എവിടെ പ്രവർത്തിക്കണു എന്ന് കണ്ടിട്ട് മാറി നിൽക്കാം സത്വഗുണം പ്രവർത്തിക്കുമ്പോൾ സത്വഗുണത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി സുഖം നല്ല ധ്യാനം നല്ല സുഖം കിട്ടി അല്ലെങ്കിൽ ഇപ്പം സത്സംഗത്തിൽ സുഖമായിരുന്നുവെങ്കിൽ ആ സുഖത്തിലും പെട്ടുപോവാതെ ആ സുഖം നമ്മളുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപമാണ് ഭഗവാന്റെ കൃപ കൊണ്ട് അസുഖം ഉണ്ടായി ഇനിയിപ്പൊ ഭഗവാൻ എപ്പോ തരണോ അത് തരട്ടെ അത് കിട്ടിയില്ല കിട്ടില്ല എന്ന് പറഞ്ഞു മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പാടില്ല ചിലപ്പോ നാളെ വരുമ്പോ ഇതേ ഒരു അവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ അയ്യോ ഉണ്ടായില്ലല്ലോ ഇന്നലെ നന്നായിരുന്നു ഇന്ന് എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് ഇന്ന് മനസ്സിലായോ മനസ്സിലാവണതും മനസ്സിലാവട്ടെ സത്സംഗത്തിൽ വരുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ ഗീത പഠിക്കുന്നതും ഭാഗവതം പഠിക്കണതുമൊക്കെ കർത്തവ്യ അതിൽ സുഖമുണ്ടാവുന്നതും മനസ്സിലാവുന്നതും ധ്യാനം ഉണ്ടാവുന്നതും അല്ലെങ്കിൽ മനസ്സിൽ ചിത്തവൃത്തികൾ ഉണ്ടാവുന്നതുമൊക്കെ പ്രകൃതി അത് എൻ്റെ കയ്യിലില്ല നാമം ജപിക്കാൻ പറഞ്ഞ ജപം ചെയ്യുക എന്നുള്ള ആജ്ഞാനുവർത്തിത്വം എൻ്റെ കർമ്മം ജപം ചെയ്താൽ സുഖമായിട്ടുണ്ടോ അല്ല ചിത്തവൃത്തികൾ വരുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടോ അതൊക്കെ പ്രകൃതിയുടെ കയ്യിലാണ് എൻ്റെ കയ്യിലില്ല എന്തിലും ചെയ്യേണ്ടത് കാര്യം ഇത്യവ യം കിയേ അർജുന സംഘം തെക്ക ഭഗവാൻ തന്നെ പറയുന്നത് അതാണ് ആക്ഷൻ ബി പെർഫോംഡ് ഫോർ ദ സേക്ക് ഓഫ് പെർഫോമിങ് മൂഡ് ഓർ നോട്ട് സുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ചെയ്യേണ്ട കർത്തവ്യം അനുഷ്ഠാനങ്ങൾ ചെയ്യുക അനുഷ്ഠാനങ്ങളായിട്ട് ചെയ്യുക അപ്പൊ സുഖം ത്തിൽ സംഘത്തോടുകൂടെയല്ല കർമ്മത്തിൽ സംഘത്തോടുകൂടെയല്ല ഇനി അടുത്തത് തമോ ഗുണമാണ് പറയണത് അടുത്തത് ലക്ഷണം നോക്കുക തമസ്തു അജ്ഞാനജം വിദ്ധി മോ ഗുണത്തിൽ പോയോ അല്ലാതെ രജോ സത്വഗുണത്തിലാണോ തമസ്തു അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം നിദ്രാഭി തന്നിബധ്തി ഭാരതാത് ജാതം അജ്ഞാനജം വിധി തമഹ തമോ ഗുണം ഇരുട്ട് ഏറ്റവും ഘനമായ പദാർത്ഥമാണത് നമ്മളുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഈ മൂന്നുമുണ്ട് ചിലർക്ക് സത്വഗുണം അധികമായിരിക്കും ചിലർക്ക് രജോ ഗുണം അധികമായിരിക്കും ചിലർക്ക് തമോ ഗുണം അധികമായിരിക്കും തമോ ഗുണത്തിന്റെ സ്വഭാവം എന്താ തികച്ചും അജ്ഞാനത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത് എന്നാണ് അജ്ഞാനമേ സ്വഭാവമായിട്ടുള്ളതാണത് എന്നുവച്ചാൽ ശരീരമാണെന്നും ശരീരം മാത്രമാണെന്നും ശരീരത്തിന്റെ സുഖമാണ് തനിക്ക് നേടിയെടുക്കേണ്ടതെന്നും ആ സുഖത്തിലാണ് തന്റെ എല്ലാം ഉള്ളതെന്നും അതിനു പ്രവർത്തിക്കണമെന്നും ഞാൻ വേറെയും മറ്റുള്ളവൻ വേറെയാണെന്നും അതുകൊണ്ട് എൻ്റെ സുഖത്തിനു വേണ്ടി മറ്റുള്ളവനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ സുഖിക്കണമെന്നും ഒക്കെ തീരുമാനിച്ച് ഞാൻ വേറെ മറ്റുള്ളവൻ വേറെ ഞാൻ ഈ ദേഹമാണ് അഹങ്കാരമാണ് എൻ്റെ സ്വരൂപം തലത്തിൽ തികച്ചും രൂഢമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് തമോ ഗുണമെന്നുള്ളത് മോഹനം സർവദേഹിനീറ്റ്ലി ഡെലൂട്ട്സ് ദ പേഴ്സൺ ഒന്നും അയാള് ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് അയാൾ വാദിക്കും ബെഞ്ചിലടിച്ച് പ്രസംഗിക്കും ഞാൻ പറയണതൊക്കെ ശരിയാണെന്ന് പറയും മോഹനം സർവദേഹിനം ടോട്ടൽ ഡെലൂഷൻ ഒന്നും അറിയില്ല അയാളൊന്നും കാണിച്ചു കൊടുക്കാനും പറ്റില്ല തമോ ഗുണത്തിലിരിക്കുന്ന ഒരാളെ സത്സംഗത്തിലൊന്നും വരാൻ സാധ്യതയില്ല അയാൾ ജന്തുലോകത്തിൽ നിന്നും ഇപ്പോ ഇങ്ങോട്ട് കടന്നിട്ടേ ഉള്ളൂ എല്ലാരും മനുഷ്യരൊക്കെ എല്ലാവരും ഒരേപോലെയല്ല മാവേലി നാടുവാണിടും കാലുമൊക്കെ പറയാം അത്രേ ഉള്ളൂ ഒന്നുപോലെ ഒരിക്കലും ഈ മൂന്ന് ഗുണങ്ങളും പല ചേർന്നേ ഇരിക്കുള്ളൂ മനുഷ്യരിൽ അതിൽ തമോ ഗുണത്തിൽ ഇരിക്കുമ്പോൾ മനുഷ്യരാശിയിലേക്ക് വരുമ്പോ തന്നെ മൃഗയോനികളിൽ നിന്നും മനുഷ്യനിലേക്ക് വരുന്ന ആദ്യ പടിയിൽ തൊണ്ണൂറ്റി മൃഗത്തിന്റെ സ്വഭാവവും ഒരു ശതമാനം മനുഷ്യനുമായിട്ടാണ് അത് പതുക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്ന ഒരു അമ്പത് ശതമാനം അങ്ങടും ഇങ്ങടും ഒക്കെ ആവുമ്പോഴാണ് പതുക്കെ സത്സംഗത്തിലൊക്കെ ജനലിൽ കൂടെയൊക്കെ എത്തി നോക്കുന്നത് അപ്പോഴേക്കും രജോ ഗുണവും സത്വഗുണവും കുറച്ച് പ്രബലമായി കഴിഞ്ഞു അപ്പോഴാണ് ഇങ്ങനെ എത്തി നോക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഇത്തിരി ഇത്തിരി മനസ്സിലാക്കുന്നതും അപ്പോഴും സത്വഗുണം കുറയും തോറും രജോ ഗുണ തമോ ഗുണങ്ങൾ അധികമായിരിക്കും എന്നിടത്തോളവും സത്സംഗത്തിൽ വന്നാൽ ഒന്നിൽ ഉറങ്ങും തമോ ഗുണമാണ് അധികമെങ്കിലും ഉറങ്ങും രജോ ഗുണമാണ് അധികമെങ്കിൽ പറയണതൊക്കെ തലകിഴായിട്ട് മനസ്സിലാക്കും നോക്കണം മനസ്സിലാക്കുക എന്നുള്ളത് പോലും നമ്മളുടെ സ്വാതന്ത്ര്യത്തിലില്ല നമ്മള് നമ്മളുടെ ജീവിതമാണെന്നൊക്കെ നമ്മൾ പറയണു ഇവിടെ ഇരിക്കാം അതും നമ്മളുടെ തമോ വഴിവിട്ട് തന്നാൽ ഇവിടെ വന്നിരിക്കാം അവിടെ വന്ന് ഇരുന്നിട്ട് മനസ്സിലാവൽ നമ്മുടെ കയ്യിലില്ല അതുകൊണ്ടാണ് പറയണത് ഈ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് പുറകിലിരുന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന ആ സർവേശ്വരനെ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ കൃപയ്ക്ക് കാത്തുകൊണ്ട് സത്വഗുണത്തിൽ നമ്മളെ കൊണ്ടുവരികയും ജ്ഞാനമുണ്ടാക്കി തരുകയും സത്വത്തിന് കൊണ്ടുപോയി ത്രിഗുണാതീതമായ സ്ഥിതിയിൽ ഇരുത്തുകയും ഒക്കെ ചെയ്യാൻ ആ മൂന്ന് ഗുണങ്ങളെയും കയ്യിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന ആ ശക്തിയെ തന്നെ ശരണം പ്രാപിക്കണം ദൈവീഹേഷ ഗുണമയീ മമമായാരത്യയാ മാമേവയെ പ്രപദ്ധ്യന് മായാമേതാം തരന്തി ഭഗവാൻ തന്നെ പറഞ്ഞു ഈ മൂന്ന് ഗുണങ്ങളും സ്വരൂപമായ മഹാമായ ദൈവീമായ ആ ദൈവി ആസുരിയുണ്ട് ദൈവിയുമുണ്ട് വിദ്യ അവിദ്യാസ്വരൂപിണി എന്ന് ലളിതാസഹസ്രനാമത്തെ തന്നെ ഉണ്ട് ജടശക്തി ചിത് എന്ന് ലളിതാസഹസ്രനാമത്തെ തന്നെ ഉണ്ട് ജഡശക്തിർ ജടാത്മിക ചിത്ശക്തി ചേതനാരൂപ ആ ചിത്ശക്തിക്ക് ദേവിമായക്ക് വിദ്യാമായക്ക് ശരണാഗതി ചെയ്താൽ ആ വിദ്യാമായ പതുക്കെ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്കും സത്വഗുണത്തിൽ നിന്നും നമുക്ക് ആത്മതത്വജ്ഞാനം ഉണ്ടാക്കി തന്ന ഗുണാതീതമായ സ്വരൂപസ്ഥിതിയിലേക്കും കൊണ്ടുപോകണം അതാണ് ദേവി മഹാത്മ്യത്തിൽ സൈഷാ പ്രസന്നാവര നൃണാം ഭവതി മുക്തയെ എന്നൊരു ശ്ലോകമുണ്ട് ആ അംബിക ആ ദേവി ദേവി പറഞ്ഞാൽ ഒരു സ്ത്രീ രൂപമൊന്നും സങ്കല്പിക്കണമെന്നൊന്നുമില്ല ഈ മൂലപ്രകൃതി നമ്മളുടെ പുറകിലുള്ള സകലതിനെയും നിയന്ത്രിക്കുന്ന അനിർവചനീയമായ ഒരു ശക്തി ആ ശക്തിയുടെ കയ്യിലാണ് നമ്മളുടെ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒക്കെ അവൾ ചിന്തിപ്പിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അതാണ് ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ അതൊക്കെയാണ് സിയാദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത അവൾ തോന്നിപ്പിച്ചാലേ തോന്നുള്ളൂ എന്നർത്ഥം യാവി സർവൂതേഷു കൃഷ്ണാരൂപേണ സംസ്ഥിതൃഷ്ണയും അവളുടെ സ്വരൂപമാണ് പ്രകൃതിയിലാണല്ലോ ഉണ്ടാവണത് യാദേവി സർവഭൂതേഷു നിദ്രാറൂപേണ സംസ്ഥിത ക്ഷുതാരൂപേണ സംസ്ഥിത അപ്പൊ ചെയ്യും ആ പ്രകൃതിയാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത് പേടിക്കണ്ട അമ്മയാണെന്നാണ് പിടിച്ചോളാം അമ്മ എന്നൊക്കെ പറയണത് മാതൃരൂപേണ സംസ്ഥിത കാരുണ്യം മാതൃരൂപേണന്ന് വെച്ചാൽ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ത്രീയെ സങ്കല്പിക്കേണ്ട മാതൃത്വം കാരുണ്യമാണേ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി സർവസ്വത്യാഗം ചെയ്യാൻ സർവവിധത്തിലും സെൽഫിഷായിട്ടുള്ള ഒരു സ്ത്രീയെ പോലും നിസ്വാർത്ഥയാക്കി തീർക്കുന്ന തൽക്കാലത്തേക്ക് നിസ്വാർത്ഥയാക്കി തീർക്കുന്ന ഒരു പ്രകൃതി ശക്തി അവളിൽ പ്രവർത്തിച്ച ആ കുഞ്ഞിനു വേണ്ടി രാവും പകലും പ്രവർത്തിക്കാൻ ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ ആ ശക്തി ആ സ്ത്രീയുടെ അല്ല പ്രകൃതിയുടെ പ്രകൃതിയിലുള്ള മാതൃത്വം തൽക്കാലം ആ സ്ത്രീലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ സ്ത്രീ ത്തേക്ക് അമ്മയാവുകയാണ് ആ സ്ത്രീ നിത്യനിരന്തരമായ അമ്മയായിട്ട് തീർന്നാൽ അവൾ ജ്ഞാനിയായിട്ട് തീരും അംബികയായിട്ട് തീരും എല്ലാരിലും മാതൃത്വമുണ്ട് സ്ത്രീകളിൽ പ്രത്യേകിച്ച് മാതൃത്വമുണ്ട് പുരുഷന്മാരിലും മാതൃത്വമുണ്ട് പക്ഷെ ആ മാതൃത്വം സ്ത്രീകളിൽ തൽക്കാലത്തേക്ക് തന്റെ കുഞ്ഞിൻ്റെ അടുത്ത് മാത്രം കുറച്ച് നേരത്തേക്ക് ആവിർഭവിക്കുകയും മറഞ്ഞു ചെയ്യുകയാണ് മൃഗങ്ങളിൽ അത്ര കണ്ടില്ല ചില മൃഗങ്ങളൊക്കെ പ്രസവിച്ച കുട്ടികളെ തിന്നുകളയും പിന്നെ ആവശ്യം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഓടിച്ചും വിടും മനുഷ്യരിൽ കുറച്ച് കുറച്ച് കുറച്ച് റീഫൈൻഡ് ആയിക്കൊണ്ട് വരുന്നുണ്ട് എന്നാലും തന്റെ കുട്ടി തന്റെ കുഞ്ഞ് ആ ഘട്ടത്തിൽ മാത്രമേ നിൽക്കുള്ളൂ ആ മാതൃത്വം മാതൃത്വം വരുമ്പോ ആ മാതൃത്വത്തിൽ ഊറി മാതൃത്വത്തിനെ ഐഡന്റിഫൈ ചെയ്യണം മാതൃത്വം ഞാൻ അമ്മയല്ല എൻ്റെ ഉള്ളിലുള്ള അമ്മ പ്രകാശിക്കുന്നത് ഈ കുഞ്ഞിനോട് എനിക്ക് കാരുണ്യവും മറ്റുമൊക്കെ തോന്നണത് അപ്പൊ ആ മാതൃത്വം എവിടെയോ ഒരു സോഴ്സ് നിന്ന് എന്നിൽ പ്രത്യക്ഷപ്പെട്ടുവല്ലോ ആ സോഴ്സ് എൻ്റെ ഉള്ളിലുള്ള ഈശ്വരന്റെ സാന്നിധ്യമാണ് ആ മാതൃത്വത്തിനെ നിത്യനിരന്തരമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നൊരു സ്ത്രീ തീരുമാനിച്ചാൽ അവൾ പ്രകൃതിയുടെ മൂലതത്വത്തിനെ കണ്ടെത്തും അപ്പൊ കാരുണ്യം കാരുണ്യത്തിന് പേരാണ് മാതൃത്വം ആ കാരുണ്യം നമ്മളെ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അപ്പുറം കടത്തും അതിനെയാണ് മാമേവയേ പ്രപദ്ധ്യന് എന്ന് കൃഷ്ണൻ പറഞ്ഞത് മാം എന്നുള്ള വാക്കിന് അർത്ഥം പ്രകൃതി മഹാമായ എന്നൊക്കെയാണ് അർത്ഥം കൃഷ്ണൻ അവിടെ മഹാമായ ഈശ്വരൻ എന്ന് വച്ചാൽ മഹാമായ ഈശ്വരനും മായയുടെ ഉള്ളിലുള്ള ആളാണ് മായ ഈശ്വരന് അതീ അധീനമാണ് എങ്കിലും ഈശ്വരനും മായയിലൂടെ നോക്കുമ്പോഴാണ് ഉള്ളത് സൃഷ്ടികർത്തിരി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരി ഈശ്വരി സദാശിവ അനുഗ്രഹത അല്ലെ ഇതൊരു ഞാനൊരു ശാക്തനൊന്നുമല്ല തന്ത്രമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് വേദാന്ത സൂക്ഷ്മമായി ചെയ്യുമ്പോൾ കാണാം തന്ത്രവും ശ്രീവിദ്യയും ഒക്കെ വഴിയിൽ നിൽക്കും എല്ലാം നമുക്ക് കാണാം ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ശാസ്ത്രമാണ് ഇതൊക്കെ നമുക്ക് നമ്മൾ കണ്ടെത്തും ഇത് ഈ മാതൃത്വവും ഈ കാരുണ്യവും ആ മഹാശക്തിയും അത് നമ്മളെ നിയന്ത്രിക്കണതും ആ ശക്തിയുടെ കയ്യിൽ നമ്മൾ യന്ത്രമാണെന്നും ഒക്കെ കാണും ആ ശക്തി തന്നെയാണ് തമോ ഗുണമായിട്ടിരിക്കുന്നതും രജോ ഗുണമായിട്ടിരിക്കുന്നതും സത്വഗുണമായിട്ടിരിക്കുന്നതും തമോ ഗുണവും രജോ ഗുണവും പ്രബലമായിരിക്കുമ്പോൾ ആ ശക്തിയെ അവിദ്യാശക്തി എന്നും ജഡശക്തി എന്നും വിളിക്കുന്നു അത് തന്നെ ശുദ്ധമാവുമ്പോ ചിത് ശക്തിയെന്നും വിദ്യാശക്തി എന്നും പേരുള്ളതാവുന്നു ജഡശക്തിയെയാണ് നമ്മൾ മനസ്സെന്ന് പറയണത് മനസ്സ് തന്നെ സാധന കൊണ്ടും ഭജന കൊണ്ടും ഗുരു കൃപ കൊണ്ടും സംസ്കൃതമാവുമ്പോ മനസ്സ് വിഷയ സംഘത്തിനെയും ജടപദാർത്ഥങ്ങളോടുള്ള സംഘത്തിനെയും വിട്ട് സൂക്ഷ്മമാവുമ്പോ മനസ്സ് തന്നെ മനസ്സല്ലാതെ ചിത് ശക്തിയായിട്ട് തീരും അപ്പൊ അത് സത്വഗുണത്തിലേക്കും സത്വത്തിൽ നിന്നും അതീതത്തിലേക്കും അത് പ്രവഹിക്കും അപ്പോ തമസ്തു അജ്ഞാനജം വിധി തമോ ഗുണമെന്ന് പറയുന്നത് തികച്ചും ആവരണം അജ്ഞാനം എന്ന് വെച്ചാൽ ആവരണത്തിൽ നിന്നും ഉണ്ടാവണതാണ് എന്നുവെച്ചാൽ സത്യത്തിനെ ആദ്യം ഒന്ന് മറച്ചു നമ്മളുടെ ജീവിതത്തിന് പുറകിൽ ഒരു വലിയ ഉറക്കമുണ്ട് ആ ഉറക്കത്തിന് മേലെയാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ആ ഉറക്കം ആവരണമാണ് ആ ആവരണത്തിൽ നിന്നും മോഹനം മോഹനം എന്ന് വെച്ചാൽ വിക്ഷേപം കയറിനെ കണ്ടില്ല കയറിനെ കണ്ടില്ലെങ്കിൽ ദൂഷ്യമൊന്നുമില്ല പക്ഷെ കയറിനെ പാമ്പായിട്ട് കണ്ടുകഴിഞ്ഞാൽ പേടിയും പാമ്പ് കളിച്ചു എന്നുള്ളത് തോന്നുന്നു ഒക്കെ ആത്മാവിനെ അറിഞ്ഞില്ല അത് ആവരണമാണ് അജ്ഞാനം അതിൻ്റെ മേലെ മോഹനം അനാത്മവസ്തുക്കളൊക്കെ മുമ്പില് സത്യമാണെന്നും അതൊക്കെ താനാണെന്നും ഒരു ഭ്രമം ഉണ്ടായി ശരീരം ഞാനാണ് മനസ്സ് ഞാനാണ് ഞാൻ പുരുഷനാണ് ഞാൻ ഭാരതീയനാണ് ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസൽമാനാണ് ഞാൻ പണക്കാരനാണ് ഞാൻ ദരിദ്രനാണ് ഞാൻ സൗന്ദര്യമുള്ളവനാണ് ഞാൻ സൗന്ദര്യമില്ലാത്തവനാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോഹനം ഇതിനു പേരാണ് മോഹം താനല്ലാത്തതിനെ താൻ അംഗീകരിക്കുകയും അതിൽ കൂടുതൽ കൂടുതൽ വിശേഷണങ്ങൾ ചേർത്തി ചേർത്തി ചേർത്തി ചേർത്തി പെരുത്തു പെരുത്തു പോയി സത്യത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നതിന് പേരാണ് മോഹനം പ്രമാദ ആലസ്യ നിദ്രാബിഹി തന്നിപദ്ദീ ധനഞ്ജയാ പ്രമാദം ആലസ്യം നിദ്ര നിദ്ര ആലസ്യം പ്രമാദം തിരിച്ചിടുക നിദ്ര എന്ന് വെച്ചാൽ പദാർത്ഥ അഗ്രഹണം ഒന്നും ഗ്രഹിക്കാതിരിക്കുന്നതിന് പേരാണ് നിദ്ര ഒന്നും അറിയുന്നില്ലെങ്കിൽ ഉറക്കം അതിന് അടുത്തപടിയാണ് ഒരു പ്രവർത്തിക്കാൻ ഉത്സാഹമില്ലായ്മ അതിന്റെ ഇനിയും സ്ഥൂലമായ രൂപമാണ് ഒന്നും മനസ്സിലാവണില്ല ഒന്നും തെളിയുന്നില്ല എന്നുള്ള സ്ഥിതി പ്രമാദ ആലസ്യ നിദ്രാവിഹീതൻ നിപദ്ധന പ്രമാദമെന്നു വെച്ചാൽ സത്യപഥത്തിൽ നിന്നും വ്യതിചലിക്കൽ അസത്യത്തിനോടുള്ള ഭ്രമം സത്യത്തിനെ കേട്ടാൽ ഒന്നും മനസ്സിലാവാതിരിക്കൽ ഇതൊക്കെ പരമാത്വത്തിന്റെ സ്വഭാവമാണ് ഇനിയിപ്പ എന്തെങ്കിലും കല്പസ്വല്പം അറിഞ്ഞാലും അതിലൊട്ട് പ്രവർത്തിക്കാനൊന്നും വയ്യ ബുദ്ധിമാന്ദ്യം ശരീരത്തിന്റെ ഗുരുത്വം ഇതൊക്കെ ആലസ്യമാണ് ഒന്നും ചെയ്യാൻ വയ്യ ജപിക്കണം തോന്നും പക്ഷെ ഒന്നും പറ്റണില്ല ഇത്തിരി നാമം ജപിക്കണമെന്ന് തോന്നിയാൽ പോലും എല്ലാവരും നാടിനീള ഭാഗവത സപ്താഹത്തിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം നാമം ജപിക്കൂ നാമം ജപിക്കൂ കലിയിൽ നാമജപം മാത്രമേ ഉള്ളൂ എളുപ്പമാണ് പറയുന്ന ആളും ജപിക്കൂന്നുമില്ല കേട്ടോ അത്ര എളുപ്പമാണെങ്കിൽ നാടിനീള ജീവൻമുക്തന്മാരും ജീവൻ മുക്തൻ ഭക്തന്മാരും ഒക്കെ നടക്കേണ്ടതാണ് ആരെയും കാണാനില്ല അങ്ങനെയൊന്നും സ്റ്റേജിലൊക്കെ അത്യാവശ്യം നാമം സങ്കീർത്തനം ചെയ്യുകയോ പാടുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ തനിയെ ഇരിക്കുമ്പോൾ സ്വഭാവം മാറും ഞങ്ങൾ ടി വി കാണുകയോ മറ്റുമൊക്കെ ഒന്നും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഗുണങ്ങളുടെ കൺട്രോളിലാണ് ഞാൻ ഇരിക്കണത് സത്വ ഗുണം വരുന്നവരെ തമോ ഗുണത്തിന്റെ പിടിയിലാണെങ്കിൽ ഒന്നും നടക്കില്ല ഒക്കെ ഒരു നിഷ്ഠയൊക്കെ ഉണ്ടാക്കിടും ചിലര് ജാനുവരി ഒന്നാം തീയതി ആവുമ്പോ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി തീരുമാനിക്കും ഇത്ര ജപിക്കണം ഇത്ര നേരം ധ്യാനിക്കണം സദ്ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം തീരുമാനിക്കും ജാനുവരി ഒന്നാം തീയതി രാവിലെ തന്നെ അത് ബ്രേക്ക്ഔട്ട് ഇയാൾക്ക് പേരാണ് ആലസ്യം എന്ത് ചെയ്യും ആലസ്യത്തിൽ എങ്ങനെ രക്ഷപ്പെടും ഒറ്റ വഴിയേ ഉള്ളൂ ആലസ്യത്തിനെ നീക്കണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആലസ്യരൂപേണ ഏതുരു ശക്തി നമ്മളിൽ ഉള്ളിൽ ആവിർഭവിച്ചിരിക്കുന്നുവോ ആ ശക്തിയെ തന്നെ ശരണം പ്രാപിച്ച് ഉള്ളില് വ്യാകുലപ്പെടുക ഇതിനെ തരണം ചെയ്യണം തരണം ചെയ്യണമെന്ന് ഉള്ളിൽ പ്രബലമായി പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ പെടയുകയോ ചെയ്യുക അതാണ് ശരണാഗതി അത് തന്നെ വഴിവിട്ടു തരണം നമുക്ക് ആലസ്യം നീങ്ങി തരണം ഈ ആലസ്യത്തിനും പ്രമാദത്തിനും പുറകിൽ ഒരു ആവരണം ഉണ്ട് അതിനാണ് നിദ്ര എന്ന് പേര് നിദ്ര എന്ന് വെച്ചാൽ സാധാരണയുള്ള ഉറക്കമല്ല അതിരുകവിഞ്ഞ ഉറക്കത്തിനെ നിദ്ര എന്ന് പറയാം ശരീരത്തിന് വേണ്ട ഉറക്കം വേണം അത് അതിനെയല്ല ഇവിടെ ഭഗവാൻ പറയണത് അതൊരു ദൂഷ്യമായിട്ടല്ല യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു യുക്തസ്വപ്നാവബോധസ് യോഗോഭവതി ദുഃഖ എന്ന് ഭഗവാൻ തന്നെ ഉറക്കമൊക്കെ മോഡറേറ്റ് ആയിട്ട് ശരീരത്തിന് വേണ്ട ഉറക്കം എങ്ങനെ ഉറങ്ങിയാൽ മനസ്സ് തെളിഞ്ഞിരിക്കുവോ എത്ര ഉറങ്ങിയാൽ ശരീരത്തിൽ ജീർണമൊക്കെ നടക്കുവോ ആഹാരമൊക്കെ ജീർണിക്കുവോ ആ ഉറക്കമൊക്കെ ഒരാൾ ചെയ്താലേ യോഗിയാവാൻ പറ്റുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറയണ്ട അതുകൊണ്ട് ഉറക്കം എന്ന് വച്ചാൽ നമ്മൾ സാധാരണ രാത്രി ഉറങ്ങാതിരിക്കണ്ട അത് വേണ്ട വിധത്തിൽ ഉറങ്ങിയില്ലെങ്കിൽ ജ്ഞാനവും ഉണ്ടാവില്ല അപ്പൊ നിദ്ര എന്ന് വെച്ചാൽ ആവശ്യത്തിലധികം ഉറങ്ങലും അസമയത്തിലൊക്കെ ഉറങ്ങലും അതേപോലെ തന്നെ സത്യത്തിനെ മറച്ചു കളയുന്നതായ അജ്ഞാനത്തിന് നിദ്ര എന്നുപേര് ആ നിദ്രയിൽ ആ അജ്ഞാന നിദ്രയിൽ നിന്നാണ് പ്രമാദം ആലസ്യം ഒക്കെ ഉണ്ടാവുന്നത് ബ്രഹ്മവിദ്യയിൽ രുചിയിലായ്മ സത്സംഗത്തിൽ രുചിയില്ലായ്മ കേട്ടാ മനസ്സിലാവാതിരിക്കല് അപ്പൊ നമുക്ക് തീരുമാനിക്കാം നമ്മളുടെ ഉള്ളിൽ തമോ ഗുണമുണ്ട് ആരെയും കുറ്റം പറയണ്ട ഗീത ഒന്നും പഠിച്ചിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ഗീതയെ കുറ്റം പറയണ്ട അവനവൻ്റെ ഉള്ളിലുള്ള തമോ ഗുണത്തിന് കുറ്റം പറയുക എന്നെ മനസ്സിലാകാൻ സമ്മതിക്കാതെ എന്തോ ഒന്നും മറച്ചിരിക്കണോ അത് നീക്കം ചെയ്യണം ഈ ദൂഷ്യം നീക്കിയാലേ സത്യം തെളിയുള്ളൂ സത്യത്തിന് എളുപ്പമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല ഇപ്പൊ വേണമെങ്കിലൊക്കെ പറയാം മുമ്പൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു തമാശയൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് ഓരോ ദിവസം വരുമ്പോഴ് ആദ്യം ഒന്ന് ആലോചിച്ച് വെക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഥ പറയാം ഇപ്പോഴും അറിയാതെയൊക്കെ ചിലപ്പോൾ കഥകളൊക്കെ അങ്ങനെ വരും പക്ഷെ അതിനുവേണ്ടി മനക്കെടണമൊന്നുമില്ല പക്ഷെ എന്താവും ആ കഥകളാണ് നിങ്ങൾക്ക് നിൽക്കുക കാര്യമൊന്നും പോവില്ല തമാശ പറഞ്ഞാൽ തമാശ ഉള്ളിൽ നിൽക്കും അതുകൊണ്ടാണ് ഭാഗവതത്തിൽ നാരദൻ വ്യാസനോട് പറഞ്ഞു വ്യാസരെ ിഞ്ചനയത് വിവക്ഷത ആ സത്യമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് അങ്ങ് നിശ്ചയിച്ചാൽ മനുഷ്യന്റെ മനസ്സ് സത്യത്തിനെ വിട്ട് ആ വേറെയുള്ള വസ്തുവിൽ പോയി നിൽക്കും അതല്ലാതെ എന്തെങ്കിലും കിട്ടുണ്ടോ എന്ന് കാത്തുകൊണ്ടേയിരിക്കും മനസ്സ് മനസ്സിന് പദാർത്ഥ ഗ്രഹണം വേണം അതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള തമോ ഗുണത്തിനെ നീക്കാം സത്വഗുണത്തിനെ വളർത്താം ആഹാരശുദ്ധ സത്വശുദ്ധി സത്വശുദ്ധ ധ്രുവാസ്മൃതി സ്മൃതർലാഭേ സർവഗ്രന്ഥീന വിപ്രമോക്ഷ തസ്മൈ മൃദിതകഷായ തമസ പാരം ദർശയതി ഭഗവാൻ സനത്കുമാര സാധ്യോകോപനിഷത്തിൽ നാരദസനത്കുമാര സംവാദത്തിൽ പറയപ്പെടുന്നു ആഹാരം ശുദ്ധമായാൽ സത്വഗുണം ശുദ്ധമാവും സത്വഗുണം ശുദ്ധമായാൽ കേൾക്കണ കാര്യം തെളിച്ചമുണ്ടായി പ്രത്യപിജ്ഞ ഉണ്ടായി വിട്ടുപോവാതെ സ്വാനുഭവത്തിൽ നിൽക്കും എന്നാണ് അപ്പൊ ആഹാരത്തിനെ ശുദ്ധമാക്കാം ആഹാരമെന്നു വെച്ചാൽ വായുകൊണ്ട് കഴിക്കണത് മാത്രമല്ല അതും ആണ് കണ്ണുകൊണ്ട് എടുക്കണതും ചെവി കൊണ്ടെടുക്കുന്നതും മൂക്കിലൂടെ എടുക്കണതും നാവിലൂടെ എടുക്കുന്നതും ഭഗവത് പ്രസാദവും സാത്വികവും ആവശ്യമുള്ളതും മാത്രമായി കഴിഞ്ഞാൽ ഉള്ളിൽ സത്വഗുണം തെളിയുകയും ശ്രദ്ധയുണരുകയും ചെയ്യും ശ്രദ്ധയുണർന്നാൽ ഗീതയൊക്കെ തുറന്നു വെച്ച പുസ്തകമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഭഗവത് കൃപ സുലഭമായി സിദ്ധിക്കും അപ്പോ അതിനെ തുടർന്നുള്ള വഴി ഭഗവാൻ തന്നെ ഇനി ഈ അധ്യായത്തിൽ പറയണുണ്ട് നമ്മൾ നാളെ കാണാം സത്യം ജ്ഞാനമനന്തം നി ശം പരമാകാം ഗോഷപ്രാങ്കണരിഗണലോലമ പരമായാസം മായാക്കൽമനാകാരം ഭുവന ക്ഷഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ോവിന്ദ പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദ സ്നവ്യാകുലയോഷി വസ്ത്രമുദാഗമുരുൂഢം ീ രഥ ദിഗസ്ത്രുപാത്ത നിർധൂതയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്ത സമാത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദ ണമാതിമി കാസം കാളിന്ദീഗത കാളീയ ശിരസി സുനൃത്യം മുഹുരത്യന്ത കാലാതീതം കലിതാശേഷം കലിദോഷഘ്നം യ ഗതിഹേതു പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ ഭജ ഗോവിന്ദ പരമാനന്ദോവിന്ദം പരമാനന്ദം ഭജോവിം പരമാനന്ദവേദിദ്ധാത്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം യത്മാവസി ത്വമ തോന്നും മമ കിഞ്ചിസ് യഥം ഗുരുമാം തന്നെ ത്യാത്മനം രമണം Parvati ജനകീക്കമരണമതേ